അള്ളാഹു സുബഹാനുഹൂവത്ത ആള അവർക്കായി കഠിനമായ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു അതിനാൽ ബുദ്ധിമാന്മാരായ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹു സുബഹാനുഹൂവത്ത ആളായ സൂക്ഷിക്കുക അള്ളാഹു സുബഹാനുഹൂവത്ത ആള നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ ഇറക്കിത്തന്നിരിക്കുന്നു